വിശ്വാസികളെ നിങ്ങൾ പല വിധത്തിലുള്ള സംശയങ്ങളെ വർജിക്കുക തീർച്ചയായും ചില സംശയങ്ങൾ പാപമാണ് നിങ്ങൾ ചാരവൃത്തി നടത്തരുത് നിങ്ങളിൽ ചിലർ ചിലരെ പിന്നാട്ടി പറയുകയും ചെയ്യരുത് തന്റെ സഹോദരന്റെ മൃതശരീരത്തിലെ മാംസം ഭക്ഷിക്കാൻ നിങ്ങളിലാരെങ്കിലും ഇഷ്ടപ്പെടുമോ അത് നിങ്ങൾക്ക് വെറുപ്പായിരിക്കുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുവീൻ തീർച്ചയായും അല്ലാഹു സുബഹാനഹുവത്തെ അല പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്